ണി നിധികുംഭം ഖനീഭവിക്കുമ്പോൾ ഘടികാരം പറയുന്നത് രചന സിദ്ധി താമരശ്ശേരി പങ്കെടുക്കുന്നവർ ഗിരിധർ എ ജി രാജൻ പെരുവണ്ണാമൂഴി കോന്നിയൂർ വിജയകുമാർ എം കെ ഇടയ്ക്കയിൽ നാസർ വർണിക അബ്ദു അഴുകാട്ട് മുഹമ്മദ് ഗുഹി ചെമ്മട് സി സരിത ശ്രീരജനി വിജയൻ രത്നമ്മ മാധവൻ കെ ആർ ജാനകി നിർവ്വഹണ സഹായം എം ഷാജി ജോസഫ് സംവിധാനം ജി ഹിരൺ നിധികുംഭം ഖനീഭവിക്കുമ്പോൾ ഘടികാരം പറയുന്നത് ായി ഇപ്പഴെങ്കിലും ഒന്നും ഇങ്ങോട്ടോ എണ്ണെല്ലാം തോന്നിയിലോ ബാക്കിയുള്ളവര് ഇവിടെ പേടിച്ച് തീ തിന്നു ഏക്കേടെ ഒരു പുളിച്ച തമാശ മോളും കൂടി അങ്ങ് ഉറങ്ങിപ്പോയപ്പോ ഞാൻ പിന്നെ ഒന്നും വണ്ടി പറയാൻ പാങ്ങില്ല അതോ കഷ്ടപ്പെട്ടു ആ ഒരു ടി വാങ്ങി തരാൻ പറഞ്ഞ ബാധ്യതകളുടെ കെട്ടഴിക്കും അയലോക്കത്തെങ്ങാനും പോയി ടി വി ചോദിച്ചാ ുരഭിമാനം അതിന് സംബന്ധിക്കുന്നു നീ അത് കണ്ടോ മുറ്റത്ത് വിശ്രമിക്കാൻ തുടങ്ങുന്ന എൻറൊര ബൈക്ക് നീയടക്കം ഒരു നൂറ് പേരെങ്കിലും ദിവസവും എന്നെ കളിയാക്കുന്നുണ്ട് എന്റെ പഴഞ്ചൻ ശകടത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്നാളേ ബാങ്ക് മൻസ് ഫിലിം ഫെസ്റ്റിവലില് മാൽ കി ഷകാട എന്നൊരു ഒഡീഷി സിനിമ ഉണ്ടായിരുന്നു കൂടി കണ്ടതോടെ ഷാഹിർ കി ഷകാട എന്നും പറഞ്ഞാണിപ്പോ ബാങ്കിലെ പരിഹാസം വണ്ടിയൊന്നും മാറ്റിയെടുക്കാൻ ഇപ്പഴത്തെ കാലത്ത് വല്ല ബുദ്ധിമുട്ടുണ്ടോ എല്ലേ സഫിയൻ ഏജന്റ് പേരെങ്കിലും ഞാൻ ഒരു ബാങ്ക് ജീവനക്കാരനാ ലോണുകളുടെ മഹത്വൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ ഉം വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനാന്നും പറഞ്ഞു എന്റെ ഉപ്പാനെ പറ്റിച്ചല്ലോ എന്നെ തട്ടിയെടുത്ത് എന്താ ഏയ് അല്ല ഞാൻ വെറുതെ സാഹിർക്ക മുഴുത്ത പിശുക്കനാണെന്ന് പറയായിരുന്നു പിശുക്കൊന്നും അല്ല സഫിയ വീട് പണിക്ക് മേടിച്ച ലോൺ തന്നെ പകുതി പോലും ആയിട്ടില്ല ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വേണോന്ന് നീ കട്ടായം പറഞ്ഞത് അത് കടം മേടിച്ച കടക്കാരിപ്പോ അവർ ബാങ്കിലേക്ക് തന്നിരുന്ന ദിവസ അടവിൽ നിന്നും എന്റെ അടവു പിടിച്ച് മിച്ചമേ തരുന്നുള്ളൂ അത് ഞാൻ അവസ്ഥയാ അറിയോ ഹാ ബൈക്ക് ഒന്ന് മാറ്റണം ഇപ്പോഴത്തെ ചെത്തു പിള്ളേരെ കൊണ്ട് നടക്കുന്ന മോഡല് ഒരു ബൈക്ക് മേടിക്കണം പറ്റുവെങ്കിൽ കണ്ടത് ഒരു പുതിയ വണ്ടിക്ക് ഇത്ര കൊതി ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഉപ്പയോടെ എന്തെങ്കിലും ചോദിച്ചൂടെ നമ്മൾ ഈ വീട് വെച്ച് താമസം പിന്നെ കാര്യായിട്ടൊന്നും തന്നിട്ടില്ലല്ലോ ഓഹോ അപ്പോ അതുവരെ തന്നിരുന്നു വീടുപണി കടക്കം ഒരു പുതുമഴ കാൺകെ വരൾച്ച മറക്കും പാവം മാനവ ഹൃദയം പത്താം ക്ലാസ്സിലോ മറ്റോ പഠിച്ചതാ സുഗതകുമാരി ടീച്ചറുടെ കവിത നിന്റെ കാര്യത്തിലേ അതച്ചട്ട കഴിഞ്ഞതും ചെയ്തതും നീ പൊടുന്നനെ അങ്ങ് മറന്നേക്കും ആ ഹാ എനിക്കായോ കുറ്റം നിങ്ങളുടെ ഉപ്പാക്ക് നല്ലൊരു സംഖ്യ പെൻഷൻ കിട്ടണുണ്ട് പിന്നെ അനിയനും ഭാര്യക്കും നല്ല ഒന്നാം ജോലിയുണ്ട് One engineer, one doctor. They have two different things. I'm going to tell you how I'm going to tell you about it. I'm going to tell you about it and I'm going to tell you about it. That's right Safiya. Hmm, I'm not sure. പെണ്ണുങ്ങളെ വാക്ക് കേട്ട് ആണുങ്ങള് മുന്നും പിന്നും ചിന്തിക്കാതെ കടത്ത് ചെന്ന് ചാടും വീട് കാറ് ടി ഫ്രിഡ്ജ് എന്ന് വേണ്ട ഒരു പാള വെള്ളം മുക്കാൻ മടിച്ച് വീട് മുഴുക്കി അങ്ങോട്ട് പൈപ്പ് വെക്കും വെള്ളം കോരുന്ന കയർ എടുത്ത് അട്ടത്തും വെക്കും ഒടുവിൽ കടം കേറി ആട്ടം മുട്ടുമ്പോ അട്ടത്തിട്ട കയറ് തിരിച്ചെടുക്കുകയും ചെയ്യും ഇതല്ലേ സാഹിറേ ലോണെടുത്ത വെള്ളം മെച്ചം ഏടിപ്പിക്കില്ല പേടിപ്പിച്ചതല്ലടാ ഉമ്മ ഒരു നാട്ടുവർത്താനം പറഞ്ഞതാ ആത്മഹത്യ ഇപ്പൊ ഒരു നടപ്പുദീനം പോലെ ആയിട്ടുണ്ടല്ലോ പത്രടുത്തൊന്ന് നോക്കിയാല് ഹലോ കൊള്ളേയും കൊലയും ദുർമരണങ്ങളും മാത്രല്ലേ മോനെ മനുഷ്യന്മാരൊന്നും മനസ് വെച്ചിരുന്നെങ്കില് ഒഴിവാക്കാനാവുന്നതല്ലേ ഇതിൽ പലതും പണത്തിനോടും സുഖസൗകര്യങ്ങളോടുള്ള ആർത്തി ഒന്നു കുറയ്ക്കണമെന്നേയുള്ളൂ പുതിയ ലോകം മത്സരത്തിന്റേതാണ് പോട്ടെ ും ഫർനക്കും കൂടി ഒന്ന് പോരെ അത് അതെന്താടാ പറഞ്ഞാല് അതെന്റേതും കൂടിയല്ലേ അതല്ല ഒരു കാറ് ജംഷീറിന് കമ്പനി കൊടുത്താലേ മറ്റേത് പർസാനയ്ക്ക് അവളുടെ ഉപ്പ സ്ത്രീധനമായി കൊടുത്തതും എനിക്ക് എന്റെ ഒരു വണ്ടിയാ വേണ്ടത് ഇഷ്ടം അതെങ്ങനെ തീരാനാ ഓരോരുത്തരെങ്ങനെ മുന്നോട്ട് തള്ളല്ലേ എല്ലാര്ക്കും പോണല്ലോ ഇതും ചവിട്ടി നിന്നോട്ടെ കുരുക്ക് മൂന്നു ഭംഗിണ്ടല്ലോ അത്യാവശ്യം കനുണ്ടല്ലോ ഇതിനടുത്ത് എന്താണാവോ തുറന്നു നോക്കണം ആ കാണുന്ന പോലീസുകാരനെ ഒപ്പിക്കാൻ അത് വേണ്ട പൊല്ലാ പകു വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടാൻ നെനക്കെട്ട് തന്നെ അയാൾക്ക് ഇപ്പോൾ ഭ്രാന്തായിട്ടുണ്ടാവും അതിനിടയ്ക്ക് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അയാൾ ചിലപ്പോൾ നല്ല ആട്ട് വെച്ച് തരും ഇനിയിപ്പോൾ വിലയുള്ള വല്ലതും ആണെങ്കിൽ ചിലപ്പോൾ അയാൾ അടിച്ചു മാറ്റാനും സാധ്യതയുണ്ട് അത് വേണ്ട ഏതായാലും ആരും കണ്ടിട്ടില്ല ഒന്ന് തുറന്നു നോക്കാന്ന് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന് എല്ലൂടി ഒരു പത്തൊമ്പത് പവനെങ്കിലും ഉണ്ടാവല്ലോ എനിക്കിത്ര വെള്ളം കിട്ടിയിരുന്നെങ്കിൽ റങ്ങിയില്ല അല്ലെ ഇരിട്ടില് കണ്ണും തുറന്ന് കിടന്ന് ആലോചിക്കണേ ഞാൻ കണ്ടായിരുന്നു അല്ല അതിനു മാത്രം എന്താ അത്ര സങ്കീർണ്ണമായ പ്രശ്നം അതല്ല എന്തുകൊണ്ട് എന്തൊക്കെ പറ ഞാൻ നല്ല തറവാട്ടിലേക്ക് പോകുമ്പോ വിളിച്ചിട്ട് അതൊന്നുമില്ല മോളിൽ നഴ്സറിൽ നിന്നും വന്നതല്ലേ ഉള്ളായിരുന്നു അവക്കെന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കാനും മെനക്കിടണമല്ലോ പിന്നെ ഇക്കാട് ഉപ്പാനെ സോപ്പിടാൻ പോകുമ്പോ ഞാൻ കൂടെ വരാതിരിക്കുന്നതാ നല്ലതെന്നും തോന്നി സത്യം എന്തെങ്കിലും അതെ ഞാനേ ഞാനറിയാതെ ലോട്ടറി എങ്ങാനും അടിച്ചോ അതൊക്കെ ഉണ്ട് ഞാനും കൂടി അറിയട്ടെ ആറ് ലക്ഷം രൂപേ കുഞ്ഞറിയില്ല നമ്മുടെ എവിടെ നിധി എനിക്കെന്ത് കാണിച്ചു തന്നെ കാണാൻ കൊതിയാവണം അത് വേണ്ട നീ ഇപ്പോ അങ്ങനെ കാണണ്ട പെണ്ണാ ജാതി കണ്ടാ പിന്നെ നീ അത് വീക്കാൻ സംഭവിക്കൂല ഇല്ലേക്ക ഞാനൊന്ന് തൊടുപോലുമില്ല ഒന്ന് കാണാനാ െ കുറിച്ച് പത്രങ്ങളിൽ വായിച്ച അന്ന് തുടങ്ങി ആഗ്രഹിക്കുന്നതാ നിധി ഒന്ന് കാണിച്ചതാ പ്ലീസ് എനിക്ക് പേടിയാ പുലർച്ചെ ലാൻഡ് ഫോൺ അടിച്ച അത്യഹിത വിവരം വല്ലതും പറയാനാവുന്നു കഞ്ഞിവെളുപ്പിനെ കേൾക്കാനുള്ള മൊബൈൽ ഇന്നലെ രാത്രി സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരുന്നു അതുകൊണ്ട് ആരെങ്കിലും വിളിക്കുന്ന ഹലോ സൈർക്ക സുബൈക്ക് വന്ന് ഉപ്പ വിളിച്ചു നോക്കുമ്പോ അനക്കല്ല ആ ഉടനെ പറസാനം ഞാൻ ഓടിച്ചെന്നു അവൾ നോക്കിയിട്ട് പറഞ്ഞത് പുലർച്ച നാലുമണിക്ക് ശേഷമായിരിക്കും മരിച്ചിട്ടുണ്ടാവും എന്നാണ് സൈലൻ തറ്റാക്ക് ഇക്ക ഇക്ക പെട്ടെന്ന് എന്നാൽ എല്ലാവരും രാജീവൻ Bismillahirrahmanirrahim. Suratul Fatiha. Alhamdulillahi Rabbil Alamin. Ar-Rahmanir Rahim. Maliki Yawmid Din. Iyyaka na'budu wa iyyaka nasta'in. Ihdinas-siratal mustaqim. Siratal ladhin an'amta 'alayhim, ghayril maghdubi 'alayhim walad-dallin. Bissilahi Ar-Rahmanir Rahim. Ya sirat. Suratul Al-Fatiha. Innaka minal-muntaqimin. Siratal mustaqim. Siratal ladhin an'amta 'alayhim. കഴിഞ്ഞു എന്റെ ദുവാ ഇന്നേരുന്ന് അതും കഴിഞ്ഞ് ഞാനും നീനുമോളും ഇങ്ങോട്ട് പോന്ന് കാർത്തിയച്ചേ കാർത്തിയ മാത്രീ ഞാനുണ്ട് ഓ അതിനെന്താ വിറിയിരുന്നാട്ടെ വരും ഗേറ്റിങ്ങ വന്ന് ഓട്ടോറിക്ഷ ഇറങ്ങിയതേ ഉള്ളു നീനുമോള് ശിവേട്ടന്റെ പൊരലേക്കൊരു ഓട്ടം ആ ഒരാഴ്ചയിലെ ഓള് കൂട്ടുകാരി അമ്മൂനെ കണ്ടിട്ട് അല്ല സാധനങ്ങൾ അപ്പുറം പോന്നി അതെങ്ങനെയാ ബീവിത മൂത്ത മോനായ മൂപ്പന് വേണ്ടി വരുമല്ലോ കൂട്ടുകുടുംബങ്ങളോടും മിണ്ടി പറയാൻ ചടങ്ങും കഴിഞ്ഞ് പൊടിയും തട്ടി അങ്ങ് പോരാൻ ഒക്കുവോ അതും അതുമാത്രമല്ല കാർത്തിയേച്ചെ യാസീനൊതി ദുവാ കഴിഞ്ഞ് ചോറു കളമ്പാനുള്ള തിരക്കിനിടക്ക് സാഹിറക്കാന്റെ ഉപ്പയൊന്ന് വീണു പ്രഷർ കണ്ടമാനം കുറഞ്ഞതാന്നാ ഫർസാനെ നോക്കി പറഞ്ഞത് വീഴ്ചയിൽ ഉപ്പാന്റെ കൈയിൽ ചതവ് എന്നൊരു സംശയം സഹീർക്ക ഉപ്പയും കൊണ്ട് ടൗണിൽ പോയിരിക്കണീ കാലക്കേട് പിടിച്ചവൻ തലമുടി മുട്ടയടിച്ചപ്പോ കല്ലുമെയ്തു പറഞ്ഞ പോലെ ആണല്ലോ എന്റെ ഭർത്താവിന്റെ കാര്യം മറം വീണ പോലല്ലേ അങ്ങോട്ട് മരിച്ചുപോയത് ഏപ്പാതാ ആ മുഹമ്മദ് അലി മാസ്റ്റർ വീണിരിക്കണോ എന്തേ സബിയ ഒന്നും ഉണ്ടാത്തത് ഏ നിങ്ങളൊന്ന് നാവ് അടക്കുന്നുണ്ടോ വിഷമിച്ചിരിക്കുന്നവരെ കൂടുതൽ വിഷമിപ്പിക്കലല്ല അവരാശ്വസിപ്പിക്കൽ ആ അയൽവാസികളുടെ ഉത്തരവാദിത്വം ഓ അങ്ങനെ സഫിയ എന്താണ് ഇത്ര ആലോചിക്കുന്നത് ഏഹ് ഇവര് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട അത് ഓർത്ത് വിഷമിക്കുകയും വേണ്ട അല്ല കാർത്തേച്ചി ഉം എന്താ പറഞ്ഞോ എന്താ നിന്റെ മനസ്സിനൊരു വിമ്മിട്ടം അത് ചിലർക്കെല്ലാം നിധി കിട്ടാറുണ്ടല്ലോ നിധിയോ നിധി കിട്ടുന്നതിൽ നല്ലതും ചീത്തയുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയായിരിക്കും കാർത്തികേജി അങ്ങനെയല്ല ഞാനും കേട്ടിട്ടുണ്ട് അതിലൊന്നും സത്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ല സത്യോ പൊള്ളോ എന്ന് അവിടെ നിൽക്കട്ടെ ആര് കാണിപ്പോ നിധി കിട്ടിയിരിക്കണത് എനിക്ക് അത് നിധി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ബീവിത നിധി കിട്ടാനും വേണ്ടി സായിർക്കായോ സഫിയായോ പറമ്പ് കളയ്ക്കാൻ പോയിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ആ സഫിയ നീ അതൊക്കെ നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുക അതെ അതെ പലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു കുട്ടിനോട് മിണ്ടി പോകരുത് കേട്ടോ നിധിയുടെ കാര്യത്തിൽ കള്ളന്മാരെ മാത്രല്ല പോലീസിനെ പേടിക്കണം ആ ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞു ആ നീ ആരോട് മിണ്ടി പോകരുത് സഫിയ വൈകുന്നേരത്തേക്ക് മീൻ ഇരുപ്പുണ്ട് ഫ്രിഡ്ജിൽ അതോ മേടിപ്പിക്കണം സജീവേട്ട വീട്ടിലുണ്ട് ആ ഇങ്ങിങ്ങനെ മീനിൻ്റെ ഇറച്ചിൻ്റെ വർത്താനം പറഞ്ഞും ചോദിച്ചിരുന്നോളീ ആ എനിക്ക് ലേസം തിരക്കുണ്ട് ഞാൻ ഒന്ന് അങ്ങോട്ട് ഇറങ്ങാം <keley cryst improvement> mm. <laughs> vitapote, okay? A mm. ീ വരുന്നത് കണ്ട് കാർത്തി വിളിച്ചപ്പം നേരെണ്ടായിട്ടല്ല എന്താ ഏതാന്നൊക്കെ വിശേഷം ചോദിച്ചറിയാന്ന് കരുതി ഒന്ന് മോളെ പോട്ടേ പിന്നെ വരാം പോട്ടെ അവര് പോകുന്ന ആവേശം കണ്ടോ കാക്കയുടെ കാലിലാ കുടമണി കെട്ടി കൊടുത്തത് ർക്കണ്ട ഞാനിതിനകത്ത് തന്നെ ഇണ്ട് ഞാനകത്ത് മോളെ ഉറക്കുമായിരുന്നു അതിന്റെ അടുത്ത് കിടന്ന് തൊളർക്കാൻ പറ്റൂ സാഹിർക്കെന്താ ഇന്ന് പതിവില്ലാത്തൊരു ചൂട് എന്തോ ഉപ്പാക്കി കൂടുതൽ ഉണ്ടോ ഉം കൈനു പൊട്ടിണ്ട് അയ്യോ ദുരിതം പിന്നെയും ആ പൊന്നിവിടെ ഉള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞിരുന്നോ അതിപ്പോ ആ വിനോദ് അക്ബർ ഒക്കെ വിളിച്ച് ചോദിച്ചു എന്തൊക്കെയാ ചെറുത് കേട്ടു എന്നാ അവര് പറഞ്ഞത് അത് കഴിഞ്ഞ് എന്റെ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മളെ കവറിലെത്തിയപ്പോഴല്ലേ പുല് പ്രായോ സഹേർക്കുന്നു അറിയില്ല കടക്കാരനും വേറൊന്നും രണ്ടുപേരും നിധി കിട്ടിയതല്ലേ എന്നോട് നേരിട്ട് എന്നെ ചോയിച്ചു അങ്ങനെ അടക്കം പറച്ചിലും എനിക്ക് തോന്നുന്നു ആ കാർത്തികേച്ചേയും ബീവിയും ഓരോന്ന് പറയണത്തിൽ അറിയാതെ ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ സാഹിതം നേരം പോലെ വെളുപ്പിനു മാറ്റണം നാളെ ഞായറാഴ്ച അല്ലേ മറ്റന്നാളെന്നൂരെ ജ്വല്ലറി കൊണ്ടുപോയി വിൽക്കണം സഹായത്തിന് നമ്മളെ പ്രശാന്തിനായിട്ട് വിളിക്കാം അവനാവുമ്പോ വിശ്വസിക്കാൻ പറ്റൂ ഇക്ക എന്തു വേണേലും ചെയ്യേ മറ്റെന്നാ തന്നെ കാറ് ബുക്ക് ചെയ്തേക്കണം അത് കൊണ്ടുവന്നിട്ട് വേണം ആ ബീവി താന്റെ ഒരു ചെത്തു സത്യ പ്രശാന്ത് കാറുമായിട്ട് എത്തും ഇന്നത് അവന്റെ പെങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചിട്ട് നാളെ തന്നെ കൊണ്ടുപോയി വിൽക്കാന്നോ പറഞ്ഞത് എന്നാലും പിന്നെ പ്രശാന്ത് എത്തി തോന്നു എന്റെ ഷർട്ട് എടുത്തേ ഞാൻ കലക്ഷൻ എടുക്കാൻ കൊണ്ടുപോകാനുള്ള ബാഗില്ലേ മുറിയിൽ ഇല്ലേ പ്രശാന്ത് ആയിരിക്കും സത്യ ചെന്ന് വായ സാഹറില്ല ഞങ്ങള് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ ഐ ആനകര ഒരു വാറന്റ് ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം ഈ കഞ്ഞിവെളുപ്പിനെ ഒരു വീട്ടുകാരൊന്ന് പരിശോധന നടത്താന്നൊക്കെ പറഞ്ഞാ ഞങ്ങൾക്ക് വ്യക്തമായി ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണ് രാത്രി തന്നെ വാറന്റ് സംഭാദിച്ചിട്ടുള്ളത് സോ പ്ലീസ് കോസ് ഓക്കെ ഒന്നങ്ങോട്ട് മാറി നിൽക്കും നിങ്ങളോടല്ല പറഞ്ഞത് പൊതിയില് ഓർഡിച്ച് ആട്ടാ ഇത് എവിടെ നിന്ന് കിട്ടി ബാത്റൂമിലെ പ്ലസ് ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ചാ സാറേ സഹരേ എന്താടാ തനിക്കിത് എവിടെ നിന്ന് കിട്ടി ഭാര്യയാണോ മേടിച്ചതാണോ എന്താണോ തന്റെ വായിക്കില്ലേ ഒരു മോഷണ മുതലിനെ തമ്പുരാട്ട് ജ്വലറി കഴിഞ്ഞ ആഴ്ച കുത്തി തുറന്ന ആരാട്ടും മനുഷ്യനെ വിഡ്ഢയാൻ ശ്രമിക്കരുത് സ്വയം വിഡ്ഢലായവർക്ക് മാത്രമേ അതിന് കഴിയൂ ഇത് കണ്ടോ സൂക്ഷിച്ചു നോക്ക ഈ ആഭരണങ്ങളിലെല്ലാം അത് നിർമ്മിച്ചിരിക്കുന്ന പേര് കൊടുക്കും എന്നിട്ട് നിരക്കുന്നിന്റെ കെട്ടിന് നീ കിട്ടാനായിട്ട് വലവനും കൊണ്ടുപോയി ഈ പുതിയ ആഭരണങ്ങൾ കുടിച്ചിടുകയായിരുന്നു അല്ലേ ഒറ്റ അക്ഷി മെന്റത്ത് ഇന്ത്യയിലെ ചെപ്പക്കുറ്റി അടിച്ചാൻ പൊട്ടിക്കും െ കൊണ്ടുപോലെ ഒന്നിനും വേണ്ട ഒന്നും കള്ളനല്ല കള്ളനല്ല കൊണ്ടുപോവല്ലേ എന്റെ സാഹ കൊണ്ടുപോവല്ലേ മതി അപ്പം നാശം പിടിച്ച കോഴികള് ഈ പരിസരത്തൊന്നും വേറെ ആരും കോയ്യേ പോറ്റടില്ല ഞാൻ ഇങ്ങളെ പോറ്റണതേ ഇന്റെ മുതൽ തീർക്കാൻ വേണ്ടിട്ടല്ല മനസ്സിലായോ പോയ്യേ വേറെ എവിടെങ്കിലും തിന്ന് വല്ല തിന്നാൻ നോക്കിന്ന് കോയ്യേ ഓ അല്ല ഞാൻ കാണാൻ ആശുപത്രി വരെ പോയതാ വിട്ടു പോയി അല്ലേ വേറെ എന്ത് ചെയ്യാനാ സാഹിർഖാന് പോലീസ് പിടിച്ചോണ്ട് പോയി തെളിഞ്ഞതും തെളിഞ്ഞാത്തതുമായ അഞ്ചാറ് കേസുകള് ആ പാവത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തുപോലെ കേസ് വിധി പറഞ്ഞ് മൂപ്പര ജയിലേക്ക് അയച്ചു പാപം എന്ത് കൂലി വരമ്പത്ത് കണ്ട പീടിയെ കുത്തി തുറന്നു പൊന്നും കട്ടുകൊണ്ട് വന്ന് കിട്ടിയതാന്ന് ആരെയോ പോട്ടീസാക്കാൻ നോക്കണത് ഏ പോലീസുകാരെയോ അല്ല കാര്യായി പോയി ഉം ഉം അവരിന്ന് അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണം നിങ്ങളാണ് തീർത്തത് ഏ ഞാൻ പറഞ്ഞിട്ടല്ലോ ആ സാഹർ വല്ലവന്റെ മുതലെടുത്തുകൊണ്ട് വന്നത് ഏ ആ പിന്നെ കേട്ടത് ഞാൻ ഒന്ന് രണ്ടാളോട് സൂചിപ്പിച്ചു ആ അങ്ങനൊരു സൂക്കേട് എനിക്കുണ്ടെന്ന് ഞാൻ തന്നെ പറയാറുണ്ടല്ലോ കാർത്തികെ അതുകൊണ്ട് എന്തായി ഒരു കുടുംബം ഒട്ടാകെ കൊളം ഓ അതിന് കാരണം ഞാനല്ല ഒരാൾക്ക് പൊരുത്തമില്ലാത്ത മുതല് മറ്റാരും അനുഭവിക്കാൻ നോക്കരുത് ആ കട്ടതായാലും കളഞ്ഞു കിട്ടിയതായാലും അതിൻ്റെ ഉടമക്കാരിന്റെ കണ്ണീര് അതിന്റെ പുറകിലുണ്ടാവും ഏ അതെ അതനുഭവിച്ചേ മതിയാവും ഓ ഇത് ചന്തയല്ല മേടിച്ചോണ്ട് പോടാ കേറിക്കടാ ഞാനിവിടെ നിന്നാ സാറേ ഇവ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലടാ കാലത്തെ അലക്കാനും കുളിക്കാനും ഒന്നും നിക്കരുത് ഇത് ജയിലാ നിന്റെ ഒന്നും വീടല്ല കീലങ്ങളും കയ്യിലിപ്പോ ഒന്നും വേണ്ട ഇത് ഇവിടെ ചിലവാകത്തില്ല പറഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ പറമ്പ് കിടക്കാനും പാറ വിടക്കാനും പോകുന്ന നീയൊക്കെ വേണോടായത് ഡബിൾ വൺ ഫോർ സിക്സ് കളവ് നടത്തി പിടിച്ചുപറിച്ചും കൊലപാതകം നടത്തിയും ഇതിനകത്തെത്തുന്നതോടെ നീ എല്ലാം ഐഡന്റിറ്റി നഷ്ടപ്പെട്ടവരാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങുവോളം നിങ്ങളെല്ലാം ഓരോ നമ്പറുകൾ മാത്രമാണ് എനിക്കവിടാ ഇടൂ തന്റെ സെല്ലിൽല്ലോടും ഇന്നത്തെ ആ ഡബിൾ വൺ ആ ചൂടന് കഴിവുകാരത്തിന് പോരുമ്പളി തനിക്ക് അയലും കൂട്ടിക്കൊണ്ടു വന്നൂടായിരുന്നു ഇന്നലെ രാത്രി അയാളൊന്നും കഴിച്ചിട്ടില്ല അത് പറ്റത്തില്ല തന്റെ കഞ്ഞിയും പുഴുക്കും അവിടെ വെച്ച് താൻ അയാളെ ഇങ്ങോട്ട് പോകുക കണ്ണുകാണാൻ നേതാത്തവൻ അല്ലേ വേഗം ചല്ലേ വേഞ്ചല്ലേ ഇത്ര കഞ്ഞുപിടി താലു പോയി മതിയടാ കൊടുക്കണ്ട തന്നെയൊന്നും ഇവിടെ അമ്മായി സൽക്കാരത്തിന് വിളിച്ചല്ലോ അപ്പുട്ടൻ വരുന്നില്ല ആ കാര്യം അപ്പു ഏട്ടന് ഭക്ഷണം വേണ്ട ചത്താ മതി ആ തന്റെ കിഴവൻ ജോയി ഇത്തിരി ആഹാരം കൈ കൊടുത്തേക്ക് നിരാഹാരം കിടന്ന് കണ്ണുവെട്ടൻ പണ്ടാരമടങ്ങിയിട്ട് അതിനി ബാക്കിയുള്ളവർക്ക് മെനക്കേടാവും അതെ തരിക്ക് എവിടെയാ പാറമടയിലാണെങ്കിൽ പോകാനുള്ള വണ്ടി റെഡി ആയിട്ടുണ്ട് എനിക്ക് ഈ ആഴ്ച ടാങ്ക് ആണ് അപ്പേട്ടാ രാവിലെ ഞാൻ കൊണ്ടുവന്നുവച്ച കഞ്ഞി കുടിച്ചില്ല ഞാൻ സെല്ലിൽ പോയിരുന്നു അതവിടെ തന്നെ തണുത്തു കിടപ്പുണ്ട് നിങ്ങളെ ഇന്നലെ കൊണ്ടുവന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സെല്ലിനകത്തായാലും ഈ വരാന്തയിലായാലും ദൂരേക്ക് നോക്കിയുള്ള ഒരേ ഇരിപ്പ് തന്നെ എന്ത് പറ്റിയപ്പോട്ടാ എന്താ ഇങ്ങനെ ആറുമാസത്തെ ശിക്ഷയുണ്ടെന്നല്ലേ കേട്ടത് അത്രയും കാലം മിണ്ടാതെയും തിന്നാതെയും എത്ര വെച്ചാ രണ്ടു കൊല്ലത്തെ ശിക്ഷ കിട്ടി ഇവിടെ എത്തിയതാ ഞാൻ ഇപ്പം രണ്ടു മാസമായി തോന്നുന്നു ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇണങ്ങി തുടങ്ങി നിങ്ങളും അങ്ങനെ തന്നെ വേണം പുറത്തുള്ളതെല്ലാം പുറത്ത് വയ്ക്കാൻ മനസ്സിന് ശീലിപ്പിക്കണം ഭാര്യ മക്കള് വീട് കുടുംബം എല്ലാമെല്ലാം ചെറിയ ചെറിയ പിണക്കോ ഇണക്കോ ഒക്കെ ആയിട്ട് ഇനി ഇനി ഇതാ നമ്മുടെ ലോകം നമ്മൾ പരസ്പരം തന്നെയാ സ്വന്തവും ബന്ധവും ഒക്കെ ആ സ്ഥിതിക്ക് അപ്പോഴും ഇങ്ങനെ തിന്നാതെയും ഇണ്ടാതിരുന്ന എങ്ങനെയാ ഏ മോനെ സന്തോഷമായി നിങ്ങളൊന്ന് മെന്തി കേട്ടല്ലോ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ വെച്ചിട്ട് എന്റെ ഉപ്പെന്നെ വിളിച്ചത് പിന്നെ ഇപ്പോഴാ മൂന്നൊരു വിളി കേൾക്കണേ അപ്പോട്ടാ ഞങ്ങളെ കൈകൾ കൂട്ടിപ്പിടിച്ച് മെഞ്ചത്തൊന്ന് ചേർത്ത് വെച്ചോട്ടെ െ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരുന്നതിന് അതിനുള്ള ശിക്ഷയാണെങ്കിൽ വരുമാനക്കാരനായിരുന്ന ഞാൻ എനിക്ക് മോളെ ഉള്ളതിനാഗ്രഹിച്ചു അല്ല അതിനുവേണ്ടി അത്യാഗ്രഹം തന്നെ കാണിച്ചു അസാൻ മാർഗീയ മാർഗത്തിൽ പണം വലിയ വണ്ടികളും ഉയർന്ന ജീവിതമുള്ള എൻ്റെ കൂട്ടുകാരെ പോലെ ആവാൻ ഞാനും ആഗ്രഹിച്ചു അതിനുവേണ്ടി തെറ്റാ നിറഞ്ഞിട്ടും ഞാൻ അന്യന്റെ മുതൽ അപഹരിച്ചു എൻ്റെ മോളിപ്പോ എവിടെയാണാവോ മോൻ കേട്ടിട്ടുണ്ടോ പത്തു ലഭിക്കുക ൂറിനെ ആയിരമാക്കാൻ മോഹം ആയിരമോ പതിനായിരമാകണം ആശയക്കുലഗിതിൽ അളവുണ്ടാമോ കൊള്ളാലോ അപ്പോട്ട് അസലായിട്ട് പാടുന്നുണ്ടല്ല അല്ല നിങ്ങൾ പാടുമായിരുന്നു പാടും തീവണ്ടികളിലും ബസ് സ്റ്റാൻഡുകളിലും പാട്ടുപാടിയായിരുന്നു ഞാനും എന്റെ അബുവും കുടുംബം പുലർത്തിയിരുന്നത് അബു അതാരായിരുന്നു അബു എൻ്റെ എല്ലാം എന്നെപ്പോലെ തന്നെ ഒട്ടും കണ്ണ് കാണാൻ വയ്യാത്തത് ഓർമ്മ വച്ച കാലം മുതൽ അവൻ്റെ വലത് കൈ എൻ്റെ ചുമലിലുണ്ടായിരുന്നു എൻ്റെ വലത് കൈയിൽ ഒരു വടി കുഞ്ഞുനാളിലെപ്പോഴോ ഏതോ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അതെവിടെ വെച്ചാണെന്ന് പോലും ഇപ്പോൾ ഓർമ്മയില്ല പക്ഷേ കണ്ടുമുട്ടിയതിൽ പിന്നീട് ഒരിക്കൽ പോലും ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല പിണങ്ങിയിട്ടില്ല രണ്ട് ശരീരങ്ങളും ഒരു മനസ്സുമായി ഒരമ്മറ്റ മക്കളെ പോലെ മരടി കൊട്ടി താളമിട്ടു പാട്ടുപാടി ഞങ്ങൾ കുടുംബം പോറ്റി കണ്ണുകള ഒരിക്കലും ഒന്നിനും കണക്ക് പറഞ്ഞിരുന്നില്ല ഒരു കോളനിയിലെ അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ടു വീടുകളിൽ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞുകൂടി അപ്പുവിന് ഭാര്യ സൈനുവും മകൾ സീനത്തും എന്റെ ഭാര്യ ദേവു നേരത്തെ മരിച്ചു പോയിരുന്നു എനിക്ക് രണ്ടു മക്കളാ ഒരാണും പെണ്ണും വലിയ കുട്ടികളായിരിക്കും അല്ല പോട്ട സരതയ്ക്ക് അവളുടെ മൂത്തതാ സോമൻ മദ്യവും മയക്കുമരുന്നും അടിപിടിയുമായി അവനായിരുന്നു ഞങ്ങളുടെ നെഞ്ചിലെ വേദന എന്നും എന്തെങ്കിലുമൊക്കെ കടബാധ്യതകൾ വരുത്തി വെക്കും ഓ അപ്പോ മകൻ ഉണ്ടാക്കിയ പ്രശ്നം കാരണമാവും അപ്പോട്ടത് പിന്നെ നേരെ ചോവ കണ്ണുപോലും കണ്ടുകൂടാത്ത നിങ്ങള് വേറെ എന്ത് കുറ്റം ചെയ്തിട്ടാ ജയിലെത്തിയത് എന്റെ കൂട്ടുകാരുടെ ഒരേ ഒരു മകളുടെ മരണത്തിന്റെ കാരണക്കാരണം മരണത്തിന് ഞാനാണ് ഉത്തരവാദിട്ട് നിങ്ങളൊരാള് കൊല്ലെ അതേ മോനെ അങ്ങനെ സംഭവിച്ചു പോയി അപ്പടാ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ലോ നിനക്കെന്നല്ല എനിക്ക് പോലും ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല പക്ഷേ സ്ഥിരത്ത് മരിച്ചുപോയി അതൊരു സത്യമാണ് ജീവിതം അങ്ങനെയാണ് മോനെ മോഹൻ്റെ പേരെന്താന്നാ പറഞ്ഞത് സാഹിർ സാഹിറെ വിചാരിക്കാത്ത ഒരു നിമിഷത്തിലായിരിക്കും ജീവിതമാകെ താളം മറിയുന്നത് ഒന്നും നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കില്ല സാഹചര്യങ്ങള് എല്ലാം തലകീഴായി വറച്ചു കളയുമ്പോനെ ആട്ടെ എങ്ങനെയാ സീനത്ത് മരണപ്പെട്ടത് അത് ഒന്ന് അല്ല പോ ഇതൊരങ്ങാടിയാ തോന്നല്ലോ അല്ല ൂ ഇനി നാളെ പോരെ അതെന്താ നേരം വല്ലാതെ ഇരട്ടിന്നാ തോന്നണേ ആളുകളുടെയും വാഹനങ്ങളുടെയും ഒക്കെ ശബ്ദം കുറഞ്ഞത് അപ്പു ശ്രദ്ധിച്ചില്ലേ രാത്രിന്റെ ഒരു മണവും ഉണ്ട് ഇന്നിനി പിരിവ് നിങ്ങൾ വാ അപു പാത്ത കിട്ടിയ അതായില്ലേ കണ്ണു കാണാത്ത രണ്ടാളാണ് വല്ലതും തരണേ എന്തെങ്കിലും തരണേ അബോട്ടു അബോ നോക്ക് അത്രയാൽ അത്രയും അത് നേര ഇങ്ങനെ പിച്ചതണ്ടി ജീവിക്കുമ്പോ നമ്മുടെ മകൾക്ക് പ്രതീക്ഷിക്കാൻ ൊരു ബന്ധല്ലേ അവർക്ക് വന്നിരിക്കുന്നത് ചെറിയതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം ആയിട്ട് എന്തെങ്കിലും ഒക്കെ കൊടുക്കണം കുടുംബം മോശായത് കൊണ്ടാണ് കിട്ടുന്നത് കുറഞ്ഞു പോയ കണ്ടത് ഓവിയേക്കാണോ അവന്റെ ബന്ധുക്കൾക്കോ പഠിപ്പിക്കുന്നത് നമുക്കുള്ളത് മുഴുവൻ വിറ്റുപിറുക്കി ഹരിതമോട്ട് കൊടുക്കാം അപ്പോ എന്താ അതോ താലിച്ച് അവ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുള്ളൂ അത് വിട്ടിട്ടില്ലല്ലോ സരുതയുടെ മേലും ചിലതൊക്കെയൊക്കെ ഉണ്ട് കല്യാണം നീട്ടി നിശ്ചയിച്ചത് ഒന്ന് നന്നായി പറഞ്ഞു വെച്ചിരിക്കുന്നു ഗോപി കൃഷ്ണന്റെ അമ്മാവൻ മരിച്ചത് ഒരു കണക്കിന് അനുഗ്രഹ അവകാശം കിട്ടിയില്ല നീ ഒന്ന് വേഗം കാല് നീട്ടി വെച്ചിട്ട് വാ അപ്പോ അവിടെ സൈനും കുട്ടികളും നേരത്തമ്മിലേക്ക് നോക്കി നിൽക്കൂ സരിതയുടെ വിവാഹം നിശ്ചയിച്ചതോടെ അത് മാത്രമായി എൻ്റെ ഈ അബുവിൻ്റെയും ചിന്ത മോശമെന്ന് പറയാതിരിക്കാൻ അവളെ കിട്ടുന്നവന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം അതിനുവേണ്ടി ഞങ്ങൾ രാവും പകലും നോക്കാതെ പാട്ടുപാടി തെണ്ടി നടും അതിനിടയ്ക്ക് ഒരു ദിവസം നട്ടുച്ച നേരത്ത് യാദർശികമായിട്ട് സീനത്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നുപെട്ടു ബസ് സ്റ്റാൻഡില് പ്രേമവും മൂല്യശൃംഗാരവും ഒക്കെ ആയിട്ട് അല്ലറ ചില്ലറ തിരിഞ്ഞു കളിക്കുന്ന ഒരു മൂലയിലായിരുന്നു അത് എന്നിട്ട് അതൊരു ഉസ്കൂളുള്ള ദിവസമായിരുന്നു രാവിലെ ഞാനും അബുവും ഇറങ്ങുന്നതിന് മുമ്പ് അന്ന് സീനത്ത് ഉസ്കൂളിലേക്ക് പോയതുമാണ് എന്നിട്ടും അവള് ബസ് സ്റ്റാൻഡില് സംശയം തോന്നി ഞങ്ങളവളെ പിടികൂടി അത്ഭുതമാണല്ലോ ബസ് സ്റ്റാൻഡിലെ തിരക്കിനിടയിൽ വെച്ച് കണ്ണു കാണാൻ വയ്യാത്ത നിങ്ങളെങ്ങനെയാ കൃത്യമായിട്ട് സീനത്തിന് പിടികൂടിയ ദൂരെ നിന്ന് അവൾ ഞങ്ങളെ കണ്ടു അറിയാതെ മുമ്പിൽ വന്ന് ചാടിപ്പോയതാകണം മുമ്പിൽ വന്നു പെട്ടതും എനിക്ക് അവളുടെ മണം പിടികിട്ടി മണം കിട്ടേ ആ കാഴ്ചയില്ലാത്ത ഞങ്ങള് മറ്റുള്ളവരെയും നേരവും ലോകവും അറിയുന്നത് മണത്തും തൊട്ടുനോക്കിയും ചെവിയോർത്തും ഒക്കെയാ സാഹിറെ എനിക്കാണെങ്കിൽ ഒരാളുടെ മണം ഒരിക്ക കിട്ടിയാ മതി ഞാനത് പിന്നെ മറക്കൂല അപ്പോ കുഞ്ഞുനാള് തൊട്ട് ഞങ്ങളുടെ തോളിലിട്ട് വളർത്തിയ ഞങ്ങളുടെ മക്കളെ ആവുമ്പോഴോ ഉം അപ്പ അപ്പേട്ടാ സീനത്ത് വല്ല പ്രേമത്തിലും പെട്ടതാ ആ വീട്ടിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അവള് സമ്മതിച്ചു പ്ലസ് ടുവിന് പഠിക്കുന്ന അവൾ മാസങ്ങളായി സ്കൂളിൽ ചെല്ലുന്നില്ല പഠിപ്പോഴപ്പി പെണ് പേരുദോഷം വരുത്താനും സാധ്യത കാണുന്നു ഞാനും അബുവും ആലോചിച്ച് ഒടുവിൽ അവളുടെ കാമുകനെ കണ്ടു സംസാരിച്ചു ഷെഫീക്ക് കഴിഞ്ഞുകൂടാൻ ഇടത്തരം കുടുംബത്തിലെ അങ്ങമ്മ അവൻ എന്നിട്ട് അവൻ കയ്യൊഴിയാൻ നോക്കി ഇല്ല ഇല്ല പക്ഷേ പിച്ചുതണ്ടി ജീവിക്കുന്നൊരു കുരുടൻ്റെ മകളെ മരുമകളായി കൊണ്ടുവരാൻ ഷെഫീക്കിൻ്റെ ബാപ്പയും ഉമ്മയും ഒരുക്കമല്ലായിരുന്നു പഠിപ്പ് കഴിഞ്ഞ് കാര്യമായ തൊഴിലൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ഷെഫീക്കിന് അത് ബാപ്പയും ഉമ്മയെയും ധിക്കരിച്ച് സീനത്തിനെ സ്വീകരിക്കാനുള്ള ചങ്കുറപ്പും അവൻ പിന്നീട് എന്താ സംഭവിച്ചപ്പോട്ട അവൻ സ്വീകരിക്കുകയില്ലെങ്കിൽ ജീവനെടുക്കുമെന്ന് തന്നെ സീനത്ത് തീർത്തു പറഞ്ഞു വിളിച്ചിറക്കി കൊണ്ടുപോകാനുള്ള ധൈര്യം അവനുമില്ല അവസാനം നാട്ടിലെ കാരണവന്മാരും മറ്റും ഇടപെട്ടു ഷെഫീഖിൻ്റെ പാപ്പ ചോദിച്ച പൊന്നും പണവും കൊടുക്കാമെങ്കിൽ നിക്കാവിന് സമ്മതിക്കാമെന്ന് കാരണവന്മാരും ഏറ്റു എത്രയവർ ചോദിച്ചത് ശ്രീധനമായിട്ട് രണ്ട് ലക്ഷം രൂപ അപ്പോൾ സ്വർണ്ണ മുപ്പത് പവൻ അതിനിടയ്ക്ക് മരണം എൻ്റെ അബുവിനെ പാട്ടുപാടി കിട്ടിയതും കൊണ്ട് അന്നത്തെ മടങ്ങും വഴി ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീഴു എന്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും ഡ്രൈവർമാരും വേഗം ആശുപത്രിയിൽ എത്തിച്ചതാട്ടും എന്നിട്ടും അവൻ പോയി സീനത്തിന്റെ പ്രശ്നം അബുക്കയുടെ മനസ്സിന്റെ സമ്മർദ്ദം കൂട്ടിയിട്ടുണ്ടാവും ആ ഏതായാലും അബുവിൻ്റെ മരണം സീനത്തിന്റെ കല്യാണാലോചന എളുപ്പമാക്കി നാട്ടിലെ പ്രമാണിമാരും കുടുംബക്കാരും അരപ്പവനും ഒരു പവനും ഏൽക്കാൻ മുന്നോട്ട് വന്നു നാട്ടുകാരിൽ ചിലർ ആയിരവും രണ്ടായിരവുമെല്ലാം സൈനുമാൻ്റെ കയ്യിൽ കൊടുത്തു അതെല്ലാം ചേർത്ത് ഷെഫീഖിൻ്റെ ബാപ്പ ചോദിച്ച സ്ത്രീധനത്തുക സ്വരൂപിച്ചു അതോടെ കല്യാണത്തിന് തീയതിയും കുറിച്ചു ഹൗ അപ്പോൾ കാര്യങ്ങളൊരുവിധം കലങ്ങി തെളിയായിരുന്നു അല്ലേ അബു മരിച്ചിട്ട് മാസങ്ങൾക്കകമുള്ള കല്യാണമല്ലേ നേരിയ തോതിൽ അത്യാവശ്യം പങ്കെടുക്കേണ്ടവരെ മാത്രം വിളിച്ച് ഒരു നിക്കാഹ് അത്രയേ തീരുമാനിച്ചിരുന്നുള്ളൂ അല്ല അതിനിടയ്ക്ക് മകളുടെ വിവാഹം നടന്നോ ഇല്ല സീനത്തിന്റെ പ്രശ്നങ്ങള് അവന്റെ മരണം ഇതിനെല്ലാം ഇടയ്ക്ക് സരിതയുടെ കാര്യം ബോധപൂർവം മറന്നിരുന്നു സുഹൃത്തേ എന്നിട്ടും ഗോപികൃഷ്ണൻ ഒന്ന് രണ്ട് തവണ എന്നെ വന്ന് കണ്ടു വേണമെങ്കിൽ ഒരു വർഷം കൂടി കാത്തിരിക്കാമെന്ന് പറഞ്ഞു അത്ര ആശ്വാസം അല്ല അതാണ് പ്രശ്നം വഷളാക്കിയത് പറയാ സീനത്തിന്റെ വിവാഹത്തിന്റെ തലേന്നാൾ രാവിലെ സംഭാവന കിട്ടിയ സ്വർണ്ണാഭരണങ്ങളുമായി സൈനു എന്നെ കാണാൻ വന്നു അല്ല ഇത് എങ്ങനെയാപ്പോട്ട നാളെ നമ്മൾ പുതുപ്പണ്ണിന് കെട്ടിക്കൊടുക്കുക എന്തു പറ്റി സൈനു സീനത്തിന് പറഞ്ഞ പൊന്നിത് കാണു എന്നാലോ എല്ലാ അരയും മുക്കാലും ഒന്നും ഒക്കെയാ പണ്ടങ്ങൾ അത് തന്നെ കൊറേ പഴയതു പശു അല്ലേണ്ണി നോക്കണ്ടെന്നൊക്കെ കുറ്റപ്പെടുത്തുന്നല്ല അവൾക്ക് പെരുമാറാൻ തക്ക ചെയ്നോ വളകളോ ആക്കി ഒന്ന് മാറ്റി കിട്ടിയാൽ നന്നായി ഞപ്പ് അതൊക്കെ ഈ അവസാന മണിക്കൂറിൽ ആരെയപ്പേൽപ്പിക്ക പൊന്നൊരുക്കി പണിയുന്ന തട്ടാമാരുടെ കാലെല്ലാം പോയി എൻ്റെ സൈനു വല്ലവനെ കണ്ടുപിടിച്ചാൽ തന്നെ ഇത്രയും പൊന്നും വളയും മാലയൊക്കെ ഉണ്ടാക്കി തരാൻ സമയം ഇത് പോരല്ലോ ജ്വല്ലറിക്കാരും ഏയ് ലാഭമില്ലാത്ത കച്ചവടത്തിന് അവർ തയ്യാറാകുമോ ഇനി വല്ലവനും തയ്യാറായാൽ തന്നെ പഴയതിന്റെ വിലയിട്ട് അങ്ങോട്ടെടുക്കും പുതിയതിന്റെ വിലയും കൂലിയും പണിക്കുറവുമെല്ലാം വില്ലിട്ട് ആവരണടുത്ത് തരികയും ചെയ്യും അതാകുമ്പോൾ കാശും മണി ഇനിയും വേണ്ടി വരില്ലേ എന്താ ഇനിയിപ്പം ചെയ്യുക ഒരാളുണ്ട് തമ്പുരാട്ട് ജല്ലറി നടത്തുന്ന ദിവാകരൻ പരോപകാരിയാ എന്നെ അബുവിനെല്ലാം വലിയ കാര്യായിരുന്നു അബുവിന്റെ മോളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ ലാഭവും നഷ്ടവും നോക്കാൻ അടിയില്ല എങ്കിൽ അപ്പേട്ടൻ ഇതൊന്നു കൊണ്ടുപോയി നോക്ക് ഇപ്പൊ തന്നെ അല്ല അത് ദിവാകരന്റെ ജ്വല്ലറി കൊറേ ദൂരയാ സൈനുമാ അതൊന്നും അപ്പേട്ടന് ഇപ്പ തന്നെ പോരോടാ പറയാനുള്ളത് ബാപ്പ മരിച്ച അധികം കഴിയണതിന് മുമ്പുള്ള കല്യാണാണെങ്കിലും സീനത്തിന്റെ അഞ്ചാറ് കൂട്ടുകാരെങ്കിലും വരാതിരിക്കില്ലല്ലോ അപ്പീട്ട അവര് വരുമ്പോ കല്യാണ വീട്ടിൽ പുതുപ്പെണ്ണില്ലാതെ എങ്ങനെയാ പിന്നെ ഞാൻ പോന്നാലും ശരിയാവില്ല കല്യാണം ഉറപ്പിച്ചു വെച്ച സ്ഥിതിക്ക് സരിതയെ കൊണ്ടുപോകാനും പറ്റൂല ഗോപികൃഷ്ണന്റെ കുടുംബക്കാരെ അറിഞ്ഞാല് അത് മതിയാകൂ അപ്പോഴൊരു കാര്യം ചെയ്യേ ഒരു കൂട്ടിനാ സോമനേം കൂടി ഒന്ന് വിളിച്ചു അയ്യോ വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും ലഹരി അടിച്ച് പോലെ പൊളഞ്ഞു നടക്കുന്ന സോമനെ ഇത്രയും പൊന്നുകൊണ്ടുപോകാൻ കൂട്ടു വിളിക്കണോ ഒന്നും വേണ്ട ഞാൻ തനിച്ചു പോയി വന്നേക്കാം നാളെ ഉച്ചക്കല്ലേ കല്യാണം അതിനുമുമ്പ് മടങ്ങിയെത്താം അപ്പേട്ടൻ പുറപ്പെടു പിന്നെ തമ്പുരാട്ടി ജ്വല്ലറിയില് പൊന്ന് കാണിക്കാൻ നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ അവരോട് അപ്പേട്ടൻ നമ്മുടെ സീനത്തിന്റെ ചേലും കോലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്തു വേണം ഏത് വേണം എന്നൊക്കെ അവര് തീരുമാനിച്ചു എന്താ കഷ്ടകാലം പിടിച്ചവന്റെ കാലില് കാരാമ കടിച്ചു കേട്ടിട്ടുണ്ടോ ജ്വല്ലറി ഞാൻ ചെല്ലുമ്പോ അവിടെ തലേ രാത്രി കള്ളം കയറിയിട്ടുണ്ട് ആ തിരക്കിലാ ദിവാകരൻ പോലീസ് അന്വേഷണവും കണക്കെടുപ്പും എല്ലാം കഴിഞ്ഞപ്പോൾ മടിച്ചു മടിച്ച് ദിവാകരനോട് കാര്യം പറഞ്ഞു പാവം വന്ന നഷ്ടമൊന്നും കണക്കിലെടുക്കാതെ സഹായിക്കാൻ തയ്യാറായി അയാൾ എല്ലാം പൊതിഞ്ഞുകെട്ടി എപ്പോഴും ഞാൻ കൂടെ കൊണ്ടുനടക്കാറുള്ള സഞ്ചിയിൽ ഭദ്രമായി വെച്ചു കൂട്ടത്തിൽ ദിവാകരൻ തന്ന മൂന്ന് നാല് ദീപാവലി മിഠായിപ്പൊതികളും ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട അടുത്ത കവലയിലിറങ്ങി മറുവശത്ത് നിന്നാൽ നാട്ടിലേക്ക് എളുപ്പ വഴിക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞു അത് പിടിക്കാനാ ഞാൻ ആ കവലയിലേക്ക് ഇറങ്ങിയത് നേരം സന്ധ്യ മയങ്ങിയിട്ടുണ്ടാവും അവന്റെ കയ്യില് മൊബൈൽ ഫോണല്ലേ പിന്നെ കാർ മാറ്റത്തിന് അങ്ങനത്തെ കയറി കരുതള്ളൂ ഇടിയേറ്റ് ഒന്നും പറ്റിട്ടില്ല ഇടിച്ച വിധം കണ്ടാൽ മിനിമം കയ്യോ കാലം ഓടിക്കേണ്ടതാണ് ഏതായാലും ഭാഗ്യമാനാ അല്ല എവിടെ ഭാഗ്യമില്ല ആ വീഴ്ചയിൽ ആഭരണപ്പൊതി തെറിച്ചുപോയി എന്ന വിവരം വീട്ടിലെത്തുവോളം ഞാൻ അറിഞ്ഞിരുന്നില്ല മോനെ ഇപ്പോഴും എനിക്കത് ഓർക്കാനും കൂടി വയ്യ ആ രംഗം പുതുപ്പെണ്ണായി ചമഞ്ഞിറങ്ങുന്ന നേരം അണിയാനുള്ള ആഭരണങ്ങൾ കാണാനുള്ള കൊതിയോടെ ക്ഷീണത്തും കൂട്ടുകാരികളും എനിക്ക് ചുറ്റും ഓടിക്കൂടിയിരുന്നു ശ്രീധനത്തുക തലേന്ന് തന്നെ കൊണ്ടുപോകാനായി ഷെഫീഖിൻ്റെ ഉപ്പയും അമ്മാവനും വന്നിട്ടുണ്ടായിരുന്നു മരുമകൾക്കുള്ള ആഭരണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ അവരും വന്നു അവരുടെ എല്ലാം മുമ്പിലേക്ക് സഞ്ചിയിൽ ഓരോ ദീപാവലി മിഠായികൾ ഞാൻ എടുത്തു വെച്ചു ഓരോന്നെടുത്ത് തുറക്കുമ്പോഴും ഇതിലല്ല അടുത്തതിൽ കാണും അടുത്തതിൽ കാണും എന്നുള്ള പ്രത്യാശയോടെ എല്ലാ പ്രതികളും തുറന്നു ഞാൻ പരിഹാസ്യനായി മോനെ പരിഹാസ്യനായി ഒടുവിൽ ഒടുവിൽ ആഭരണം നഷ്ടപ്പെട്ടു എന്ന സത്യമറിഞ്ഞ നിമിഷം സൈനോമ്മ അതെങ്ങനെയാണിച്ചില്ലേ കാർടിച്ചെന്ന കള്ളക്കത്തിൽ എന്നിട്ട് രേഖത്തൊന്നൊരുപാട് പോലും കാണാനും ഇല്ല കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ ഒരു അത്ഭുതം താങ്ങാൻ കാറെന്താവാല്ല ഭണോ കാറടിച്ചു എന്നുള്ളത് സത്യ ഭാഗ്യം കൊണ്ടാ ഞാൻ പരുക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടത് പക്ഷേ അത് അതിലേറെ നിർഭാഗ്യത്തിനായി ഞാൻ അറിഞ്ഞിരുന്നില്ലേക്ക സമാധാനം ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോകട്ടെ അത് അവിടെ എവിടെയെങ്കിലും കാണും എന്നെ സഹായിക്കാൻ ഓടിക്കൂടിയ പിള്ളേരാരെങ്കിലും ഞാൻ അവരെ തിരഞ്ഞുപിടിച്ചോളാം ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാം ആ ചെറുപ്പക്കാരുടെ ശബ്ദം കേട്ടാൽ എനിക്കറിയാം അവരത്ര മനസ്സാച്ചി ഇല്ലാത്തവരൊന്നും ആകില്ല അത് തിരിച്ചു കിട്ടും നിങ്ങൾ നാളത്തെ നിക്കാഹിന്റെ ഈ വക കള്ളൻകൂട്ടങ്ങളുമായി ഒരു സമ്മതം നമുക്ക് വേണ്ട അയ്യോ എന്റെ മോനെ ഞങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത് എല്ലാരും ഓടി കേട്ടോ പറഞ്ഞിട്ട് പോയത് എന്നെ വിളിക്കും പോലെ അച്ഛ എന്നല്ലേ ഇക്കാലം ഒത്തിരി എന്നിട്ടും സുഖകരമാക്കാനും വേണ്ടി ആത്മാർത്ഥ സുഹൃത്തിന്റെ മോളുടെ ജീവിതം തട്ടിപ്പറിക്കാൻ മടിയില്ലാത്ത ദുഷ്ടനാ നിങ്ങളെ അച്ഛന്ന് വിളിച്ചു പോയ തോർത്ത് എനിക്ക് പാർപ്പതോന്നു ഞാൻ നാട് മുഴുക്കെ അലഞ്ഞു ആഭരണം വീണ സ്ഥലം തപ്പി പിടിച്ചു ചെന്നു ആ രാത്രി തന്നെ പലരെയും കണ്ടുപിടിച്ച് ചോദിച്ചു പൊന്നിനെ കുറിച്ച് മാത്രം ആർക്കും അറിഞ്ഞുകൊള്ളായിരുന്നു മോനെ കൊടുവിൽ കൊടുവിൽ സീനത്ത് അവൾ പറഞ്ഞ വാക്കു പാലിച്ചു കളഞ്ഞു സരിതയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവളുടെ പൊന്നപകരിച്ച ഞാനാണ് അവളുടെ മരണത്തിനുത്തരവാദി എന്നൊരു കുറിപ്പ് എഴുതി വെച്ച് അവള് ജീവിതമൊടുക്കി കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം മുമ്പിൽ കള്ളനും ചതിയനും ദുഷ്ടനുമായി ഞാൻ വിശ്വാസവഞ്ചനയ്ക്കും പ്രേരണാ പോലീസ് എനിക്കെതിരെ കേസെടുത്തു നാട്ടുകാർ എനിക്കെതിരെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഒന്നടങ്കം അണിനിരുന്നു കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം വിളിച്ചു നിന്നില്ല ആ കഥകളൊന്നും ആരും വിശ്വസിക്കാത്ത തരം എനിക്ക് തന്നെ അറിയാമായിരുന്നു കോടതിയോട് എന്നെ തൂക്കിക്കൊന്നു തരാൻ ഞാൻ ആവശ്യപ്പെട്ടു പക്ഷേ ശാരീരിക അവശതകൾ പരിഗണിച്ച് കോടതി എന്റെ പരമാവധി കുറഞ്ഞ ശിക്ഷ വിധിച്ചു ഇതിനകത്തു തള്ളി എനിക്കാരോടും ഒരു പരാതിയുമില്ല പക്ഷേ എന്റെ സീനത്ത മോളുടെ ആഭരണപ്പൊതി കളഞ്ഞു കിട്ടിയവനെ ഏതെങ്കിലും ഒരു നിമിഷം ഒന്ന് കാണാൻ പറ്റിയ ഒരു ചോദ്യം മാത്രം ചോദിക്കണമെന്നുണ്ടെനിക്ക് ഇത്രയൊക്കെ നഷ്ടങ്ങളും തകർച്ചകളും വേദനകളും സമ്മാനിച്ച ആ നിധി കൊണ്ട് അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് ചോദിക്കണമുണ്ടോ എനിക്ക് എന്താ എന്താ സാഹിരേ നീ ഇന്നും മിണ്ടാത്തത് അതൊരു ന്യായമായ ചോദ്യമല്ലേ മോനെ സാഗിരേ സാഹിരേവിടെ എന്താണ് അവിടെ എന്താ എന്ത് അയ്യോ എന്താണ് ആ അറിയിലെ കാപ്പല്ലേ ആ സാഹിരന്റെ ടാങ്കിന്റെ മോളിൽ കയറിക്കളെ കളി കുത്തി പൊട്ടിക്കുന്നാ പറഞ്ഞേ കയ്യിലാടെ കത്തിയുണ്ട് അയ്യോ എന്നെ എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകോ എന്നെ ഒന്ന് എന്നെ കൈ പിടിക്കാ സ്വർണ്ണപ്പൊക്കെ പകർന്നു ജീവിതം ജീവിതം കുടുംബം എന്റെ കുടുംബം മുതൽ അതിന്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള സത്യസത്വത ഞാനൊന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒന്നിലേക്ക് വരില്ല എന്താ ഇവിടെ ബഹളം മര്യാദ എടോ താൻ അവിടെ നിന്ന് ചാടിയ ചാകാനൊന്നും പോണില്ല താനിത് കണ്ടോ താഴെ മുഴുവനും വല പിരിച്ചിട്ടുണ്ട് പിന്നെ മര്യാദയ്ക്ക് ഇറങ്ങി വന്നില്ലെങ്കിലേ തനിക്കെതിരെ ഞാൻ സൂപ്രണ്ടിന്റെ പരാതി റിപ്പോർട്ട് അയക്കും അറിയാമല്ലോ ആത്മഹത്യാ ശ്രമത്തിന് പിന്നെയും കുറെക്കാലം അഴി എണ്ണേണ്ടി വരും മനസ്സിലായടാ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ നിന്റെ ചെല്ലുകാരനല്ലേ നിങ്ങളെ അനുഭവിക്കുന്ന ശിക്ഷേ അല്ലേ എല്ലാം വിധിയാണ് സായി വിധിയാണ് എന്നിട്ട് എന്നിട്ടെന്താ കാര്യം വേണ്ട അതല്ലേ കണ്ണുകൾ നിനക്ക് കുത്തി പൊട്ടിക്കാൻ സാധിക്കും പക്ഷേ നിന്റെ അകക്കണ്ണുകളെ നിനക്ക് പൊട്ടിക്കാൻ സാധിക്കുമോടാ എന്താണ് മിണ്ടാത്തത് ജീവിതകാലം അത്രയും നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ട യാഥാർത്ഥ്യങ്ങളെല്ലാം നിന്റെ മനസ്സിലില്ലേ പുറം കണ്ണുകൾ കുത്തി ഉടച്ചത് നീ കണ്ടതെല്ലാം ഇല്ലാതാക്കാൻ നിനക്ക് പറ്റുമോ എന്തിനായാലും നിന്റെ ഓർമ്മകൾ നിന്നെ വേട്ടയാടില്ലേ നിന്റെ മനസ്സ് കുത്തിപ്പൊട്ടിക്കാൻ നിനക്ക് കഴിയുമോടാ അത് തന്നെയാ ഒരു മനുഷ്യര് ഇനി ചെയ്യാനുള്ളത് ചെയ്തുപോയ തെറ്റുകൾ തിരിച്ചറിയുക മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തെറ്റുകൾ ഓർത്ത് പശ്ചാത്തരിക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന മനോവേദന തന്നെയാണ് അയാൾക്കുള്ള ശിക്ഷയും അത് നീ അനുഭവിച്ചു കഴിഞ്ഞു മതി ും കാതുമെല്ലാമുള്ള ആർക്കും അവകാശമില്ല ഇറങ്ങി വാടോ ഇറങ്ങിവ തെറ്റുകളെ ശരികൾ കൊണ്ട് നേരിടാവടോ ഓർത്തു നോക്ക് നീ ചത്തത് കൊണ്ടോ ൾ കുത്തിപ്പൊട്ടിച്ചത് കൊണ്ടോ നമ്മുടെ കുടുംബങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾ ഇല്ലാതാകുമോ അയാൾ കത്തി വലിച്ചെട്ടോ ആ ഇറങ്ങാൻ ഒരുങ്ങാനായി എന്തോ നോക്കിയേക്കുന്നത് സാരമില്ല മോനെ ആശകളെ നിയന്ത്രിച്ച് ജീവിതത്തെ തന്റെ തന്നെ കൈപ്പിടിയിലൊതുക്കുമ്പോഴാ ഒരാൾ കേവലനല്ലാതാകുന്നത് എന്തെങ്കിലും ഒരു നിയോഗമില്ലാതെ ഒരാളും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ലടോ ഇതെല്ലാം നിന്റെ നിയോഗം കാരണമാണെന്ന് കരുതി സമാധാന അറിഞ്ഞോ അറിയാതെയോ അന്യരുടെ വസ്തുക്കൾ അപകരിക്കുന്നവർക്ക് നിന്റെ ജീവിതവും അനുഭവങ്ങളും വെളിച്ചമാകുന്നുവെങ്കിൽ അത് തന്നെ വലിയ കാര്യമല്ലേ നിധി കുംഭം ഖനീഭവിക്കുമ്പോൾ ഘടികാരം പറയുന്നത് നാടകം സമാപിക്കുന്നു രചന സിദ്ധി താമരശ്ശേരി സംവിധാനം ജി ഹിരൺ കഥാപാത്രങ്ങളിൽ പങ്കെടുത്തവരും സാഹിബ് ഗിരിധർ സഫിയ സി സരിത അപ്പണ്ടന്റ് എ ജി രാജൻ പെരുവണ്ണാമി അബു ഉപ്പ എൻ കെ ഇടയ്ക്കേൽ കനകരാജ് ജയിൽവാദൻ കോന്നിയൂർ വിജയകുമാർ കാർത്തിക സീനക് ശ്രീരജനി വിജയൻ ബി രത്നമ്മ മാധവൻ നബീസുമ്മ സൈനുമ്മ കെ ആർ ജാനകി ജംഷീർ യാത്രികൻ നാസർ വർണിക ഡ്രൈവർ ജോയ് അബ്ദു അഴുകാട്ട തടവു പുള്ളി ഫ്രാൻസിസ് മുഹമ്മദ് കുട്ടി ചെമ്മാൺ നിർവഹണ സഹായം എം ഷാജി ജോസഫ്